അള്ളാഹു സുബാനഹഹൂവച്ചായാലായിക്കു പുറമേ രക്ഷാധികാരികളെ സ്വീകരിച്ചവരുടെ ഉദാഹരണം ഒരു വല നെയ്യുന്ന ചിലന്തിക്ക് സമാനമാണ് തീർച്ചയായും വീടുകളിൽ വച്ച് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് അവർക്കറിയാമായിരുന്നെങ്കിൽ